മറ്റു ചിലർ അള്ളാഹു സുബഹാനഹുവച്ച ആലയുടെ തീരുമാനത്തിനായി മാറ്റിവയ്ക്കപ്പെട്ടവരാണ് ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അവൻ അവർക്ക് മാപ്പ് നൽകും അള്ളാഹു സുബഹാനഹുവച്ച ആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്